അള്ളാഹുസ്ബഹാനഹുവച്ചായ യാതൊരു തെളിവുമില്ലാതെ അവൻറെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്തതിനാൽ സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ നാം ഭയം നിക്ഷേപിക്കുന്നതാണ് അവരുടെ അഭയസ്ഥാനം നരകമായിരിക്കും അക്രമികൾക്ക് എത്ര മോശമായ ഒരു താമസസ്ഥലമാണത്